ഓ പ്രവാചകരെ വിശ്വാസിനികൾ നിങ്ങളുടെ അടുക്കൽ വന്ന് അള്ളാഹുസുബഹാനുഹുവറ്റാലയോടൊപ്പം യാതൊന്നിനെയും പങ്കുചേർക്കില്ലെന്നും മോഷ്ടിക്കില്ലെന്നും വ്യഭിചരിക്കില്ലെന്നും സ്വന്തം മക്കളെ കൊല്ലില്ലെന്നും തങ്ങൾ കെട്ടിച്ചമച്ച ഒരു കള്ളം ആരോടും പറയുകയില്ലെന്നും നന്മയുള്ള കാര്യങ്ങളിൽ നിങ്ങളെ അനുസരിക്കാതിരിക്കുകയുമില്ലെന്നും കരാർ ചെയ്യാൻ വന്നാൽ നിങ്ങൾ അവരുമായി കരാർ ചെയ്യുകയും അവർക്കായി അള്ളാഹുസുബഹാനഹുവറ്റാലായോട് പാപമോചനം തേടുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹുസുബഹാനഹുവറ്റേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്